ം ഇസ്രയേൽ മിസ്രൈമിൽ നിന്നും യാക്കോബിൻ ഗ്രഹം അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദ അവന്റെ വിശുദ്ധ മന്ദിരവും ഇസ്രയേൽ അവന്റെ ആധിപത്യവുമായി തീർന്നു സമുദ്രം കണ്ട് ഓടി യോർദാൻ പിൻവാങ്ങിപ്പോയി പർവ്വതങ്ങൾ മുട്ടാടുകളെപ്പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെപ്പോലെയും തുള്ളി സമുദ്രമേ നീ ഓടുന്നതെന്ത്ോർദാനെ നീ പിൻവാങ്ങുന്നതെന്ത് പർവ്വതങ്ങളെ നിങ്ങൾ മൂട്ടാടുകളെപ്പോലെയും കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെപ്പോലെയും തുള്ളുന്നത് എന്ത് ഭൂമിയെ നീ കർത്താവിൻറെ സന്നിധിയിൽ യാക്കോബിൻ ദൈവത്തിന്റെ സന്നദ്ധിയിൽ വിറയ്ക്ക അവൻ പാറയെ ജലതടാകവും തീക്കല്ലിനെ നീറുറവും ആക്കിയിരിക്കുന്നു